ധ്യായം ഏഴ് അതിന്റെ ശേഷം പാസി രാജാവായ അർദ്ധ സഷ്ട്രാവിന്റെ വാഴ്ചക്കാലത്ത് ബാബേലിൽ നിന്ന് വന്നു അവൻ സെരായാവിന്റെ മകൻ അവൻ അസ്സരിയാവിന്റെ മകൻ അവൻ ഹിൽകിയാവിന്റെ മകൻ അവൻ ഷല്ലൂമിന്റെ മകൻ അവൻ സാദോക്കിന്റെ മകൻ അവൻ അഹീത്തൂബിന്റെ മകൻ അവൻ അമരിയാവിൻ്റെ മകൻ അവൻ അസരിയാവിൻ്റെ മകൻ അവൻ മെരായോത്തിൻ്റെ മകൻ അവൻ സരഹ്യാവിൻ്റെ മകൻ അവൻ ഉസിയുടെ മകൻ അവൻ ബുക്കിയുടെ മകൻ അവൻ അബീഷുവയുടെ മകൻ അവൻ ഫിനഹാസിന്റെ മകൻ അവൻ എലയാസാറിന്റെ മകൻ അവൻ മഹാപുരോഹിതനായ അഹരോന്റെ മകൻ ഈ അസ്ര ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി ആയിരുന്നു അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കയാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി അവനോടുകൂടെ ഇസ്രയേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദൈവാലയദാസന്മാരിലും ചിലർ അർത്ഥ ശ്രഷ്ട രാജാവിൻ്റെ ഏഴാം ആണ്ടിൽ എരുശിലേമിൽ വന്നു അഞ്ചാം മാസത്തിലായിരുന്നു അവൻ എരിശിലേമിൽ വന്നത് അത് രാജാവിന്റെ ഏഴാം ആണ്ടായിരുന്നു ഒന്നാം മാസം ഒന്നാം തീയതി അവൻ ബേത്തലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് അവൻ അഞ്ചാം മാസം ഒന്നാം തീയതി യരുഷലമിലെത്തി യഹോവയുടെ ന്യായ പ്രമാണം പരിശോധിപ്പിനും അതനുസരിച്ച് നടപ്പാനും ഇസ്രയേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും യസ്ര മനസ് വച്ചിരുന്നു യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ യസ്ര പുരോഹിതന് അർത്ഥ രാജാവ് കൊടുത്ത എഴുത്തിന്റെ പകർപ്പാവിത് രാജാധി രാജാവായ അർത്ഥ സൃഷ്ടാവ് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ യസ്ര പുരോഹിതന് എഴുതുന്നത് ഇത്യാദി നമ്മുടെ രാജ്യത്തുള്ള ഇസ്രയേൽ ജനത്തിലും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരുഷലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദയിലെയും യരുഷലേമിലെയും കാര്യമന്വേഷിപ്പാനും രാജാവും അവന്റെ മന്ത്രിമാരും യെരുഷലേമിൽ അധിവസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്ത് നിന്നൊക്കെയും വെള്ളിയും പൊന്നും എല്ലാം യെരുഷലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവന്റെ ഏഴു മന്ത്രിമാരും നിന്നെ അയയ്ക്കുന്നു ആകയാൽ നീ ജാഗ്രതയോടെ ആ ദ്രവ്യം കൊണ്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും കുഞ്ഞാടുകളെയും അവയ്ക്കു വേണ്ടുന്ന ഭോജനയാഗങ്ങളെയും പാനീയയാഗങ്ങളെയും മേടിച്ച് എരുഷലേമിലുള്ള നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം ശേഷിപ്പുള്ള വെള്ളിയും പൊന്നും കൊണ്ട് ചെയ്യുവാൻ നിനക്കും നിന്റെ സഹോദരന്മാർക്കും യുക്തമെന്ന് തോന്നും പോലെ നിങ്ങളുടെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്തു നിന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിന്റെ കൈവശം തന്നിരിക്കുന്ന ഉപകരണങ്ങളും നീ എരിശിലേമൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം നിന്റെ ദൈവത്തിന്റെ ആലയത്തിന് പിന്നെയും ആവശ്യമുള്ളതായി കൊടുക്കേണ്ടി നീ രാജാവിന്റെ ഭണ്ണാരഗ്രഹത്തിൽ നിന്ന് കൊടുത്തുകൊള്ളേണം അർത്ഥശ്രേഷ്ഠ രാജാവായ നാം നദിക്കരയുള്ള സകല ഭണ്ണാര കൽപ്പന കൊടുക്കുന്നതെന്തെന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായ ശാസ്ത്രിയായ യെറ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും നൂറ് താലന്തു വെള്ളിയും നൂറുകോർ കോതമ്പും നൂറു ബത്ത് വീഞ്ഞും നൂറു ബത്ത് എണ്ണയും വരെയും ഉപ്പ് വീണ്ടും ജാഗ്രതയോടെ കൊടുക്കണം രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകുന്നു പുരോഹിതന്മാർ ലേവ്യർ സംഗീതക്കാർ വാതിൽക്കാവൽക്കാർ ദൈവാലയദാസന്മാർ എന്നിവർക്കും ദൈവത്തിന്റെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന യാതൊരുത്തനും കരമോ നികുതിയോ ചുങ്കമോ ചുമത്തുന്നത് വിഹിതമല്ല നാം നിങ്ങൾക്ക് റിവുതരുന്നു നീയോ എസ് റയെ നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം അറിയാത്തവർക്കോ നിങ്ങളവയെ ഉപദേശിച്ച് കൊടുക്കണം എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു എരിശിലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിന്റെയും അവന്റെ മന്ത്രിമാരുടെയും രാജാവിന്റെ സകല പ്രഭുവീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ വഴുത്തപ്പെട്ടവൻ ഇങ്ങനെ എന്റെ ദൈവമായ ഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രയേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി